श्री गुरु जी वंदना ഇതിനെ പരമമായി സൃഷ്ടിച്ചവനെ феноമോസ്റ്റ് പ്രതിബോധ വിദിതം മതം അമർ तत्त्वं हि विन्दते आत्मनाम विन्दते विजिം ഇത്യ വിन्दते मृतम അവിജ്ഞാദം വിജ്ഞാനദാം इति अवद्द्रതം इति ബ്രഹ്മ അത്യന്തമേവ അവിജ്ഞാദം लौികാനാം ബ്രഹ്മവിതാം ച അവിശേഷഃ പ്രാപ്തഃ അവിജ്ഞാദം വിജ്ഞാനതാ മിഥ്യേ പരസ്പര വിധി പഥം തോ ത ബ്രഹ്മ സമേ വിദിതം ഭവതി ജീവം അർത്ഥം ആഹ പ്രതിബോധവിധം ഇതുവരെ ചർച്ച ചെയ്തതിനെ കുറിച്ച് പറയുന്നു അവിജ്ഞാന്തം വിധാനത എന്ന് പറയുമ്പോ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അവിജ്ഞാന്തം അഭിജാനത അത് വിശദീകരിക്കേണ്ട കാര്യമില്ല അതിന്റെ താല്പര്യം എന്താണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ബ്രഹ്മത്യന്തമേവിജ്ഞാതം ബ്രഹ്മം അവിജ്ഞാതമാണ് പൂർണമായും അവിജ്ഞാതമാണ് വിഷയം പറഞ്ഞു സുവേദ ഞാൻ നല്ലവണ്ണം അറിയുന്നു ആചാര്യനെ അതിനെ തിരുത്തി അത് ശരിയല്ല ഫലത്തിനെന്തായി ബ്രഹ്മ അത്യന്തേവ അവിജ്ഞാനമെന്ന് നമ്മൾ ധരിച്ചു അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇതാണ് ഉപുഷ്യത്തിന്റെ താല്പര്യം ഇതാണ് ആചാര്യൻ ശിഷ്യനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ലൗകികാനാം ബ്രഹ്മവിതാം ച അവിശേഷൻ പാമരൻ ബ്രഹ്മജ്ഞാനി അവിശേഷ തുല്യത രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസമൊന്നുമില്ലല്ലോ എന്തുകൊണ്ട് ലൗകികനോട് പാമരനോട് ചോദിക്കുന്നു നീ ബ്രഹ്മത്തെ അറിയുന്നു അറിയില്ല ഇനി സംശയം പറയും ബ്രഹ്മജ്ഞാനിയെ കുറിച്ചുകൂടെ വർണ്ണിച്ച് വർണ്ണിച്ച് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചും വിശദീകരിച്ചു വന്നപ്പോ ബ്രഹ്മം അത്യന്തം അവിജ്ഞാതമാണ് ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മത്തെ അറിയുന്നില്ല അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ആർക്കും സാധ്യമേ അല്ല എന്നുവന്നു രണ്ടും തുല്യമായി ജ്ഞാനിയും അജ്ഞാനിയും തുല്യരായി ഇതൊരു ദോഷമാണല്ലോ ഇതിന് സമാധാനം പറയുന്നു ഇതിൻ്റെ എല്ലാ സമാധാനം നമ്മുടെ മനസ്സിലുണ്ട് എന്നാലും ഭാഷകാരൻ അതാണ് വീണ്ടും ആ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് അവിജ്ഞാതം വിജാനത വിധിക പരസ്പര വിരുദ്ധം അവിജ്ഞാതം വിജാനത അറിയുന്നവർക്ക് അറിയുന്നവരെ സംബന്ധിച്ച് ഇത് അറിയപ്പെടുന്നു എന്നല്ല എന്ന് പറയുന്നതും അതും വൈരുദ്ധ്യമുണ്ട് വ്യാഘാത ദോഷം പരസ്പര വിരുദ്ധമായ കാര്യം സംസാരിക്കുന്നു കഥം തുതി എന്നാൽ പറയുന്നുണ്ടല്ലോ ബ്രഹ്മാനുഭവം അവരോക്ഷജ്ഞാനം അപരോക്ഷ അനുഭൂതി സമ്യക് വിധം ബ്രഹ്മ സമ്യക് വിതമാണ് എന്നും പറയും വേദാഹം ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു അഹം ബ്രഹ്മാസ്മി ഇതുമെല്ലാം പറയുന്നു അപ്പൊ ഇതിനെ ഒന്ന് പെരുത്തപ്പെടുത്തുക ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളും ശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനും എങ്ങനെ യോജിച്ചു പോകും അർത്ഥം അതിനായി പറയുന്നു സംശയങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പറയുന്നു പ്രതിബോധ വിജിതം ബോധം പ്രതിവിദിതം ബോധം ബോധം പ്രതി പ്രതിബോധം എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചാണ് ഞാൻ അതിന്റെ വീപ്സ എന്ന് പറയുക അതിന്റെ തുടർച്ചയെ കാണിക്കാൻ വേണ്ടിട്ട് അതിന്റെ അനുശൂതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പ്രതിബോധം ബോധം ബോധം പ്രതി പ്രതിബോധം വിദിതം പറഞ്ഞത് െന്ന് പറയുന്നത് ശരിയല്ല ഇവിടെ പറയുന്നു അത് സദാ വേദ്യമാണ് രണ്ടു വൈരുദ്ധ്യമൊന്നുമില്ല ഒരു തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയാം ഇത് അറിയപ്പെടുന്നതല്ല മറിച്ച് പറയാൻ എന്താണോ ഇത് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ മറ്റൊന്നും അറിയപ്പെടുന്നില്ല ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത് ബോധം ബോധം പ്രതിവിധിതം അത് വിശദീകരിക്കുന്നു ബോധശബ്ദന ബോദ്ധ പ്രത്യുത ബോധം എന്ന് പറയുന്നത് എന്താണ് ബോധം എന്ന് പറയുന്നതിന് സാധാരണ അർത്ഥമുണ്ട് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം സച്ചിദാനന്ദം ബ്രഹ്മം അവിടെ അഭീവിച്ചിരിക്കുന്ന ജ്ഞാനശബ്ദം അത് ബോധ പര്യായമാണ് ജ്ഞാനമാണ് ബ്രഹ്മം ബോധമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ അവർന്നെന്താണോ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ പറയുക ബോധം ബ്രഹ്മം തന്നെ ബോധവും ജ്ഞാനവും എന്ന പര്യായ ശബ്ദങ്ങളായിതുകൊണ്ട് പക്ഷെ ഇവിടെ ആത്മവ്യത്യാസം ഇത് പറയുന്നത് ബോധം എന്ന് പറഞ്ഞാൽ ബൗദ്ധാഹ ബോധ പരിണാമം പ്രത്യം അറിവ് സാധാരണ നമ്മൾ പറയുന്ന ജ്ഞാനം അറിവ് പറയുന്ന എൻ്റെ അറിവ് അതാണ് ബൗദ്ധ പ്രത്യയങ്ങളെന്ന് പറയുന്നത് മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ രണ്ടും വരെ മനസ്സും ബുദ്ധിയും അഭിതമായിട്ടാണ് ഇവിടെ പറയുന്നത് അതിന്റെ പരണാമ രൂപത്തിലുള്ള അറിവ് നമ്മുടെ സാധാരണ അറിവ് അനൂടെ ബോധം എന്ന് പറയും പരബ്രഹ്മെന്നുള്ള ജീവന്റെ ബോധം അനനൂടെ പ്രത്യ സത്യം എന്ന് പറയുന്നത് അതിനെയാണ് ജീവബോധം ജീവബോധം എന്ന് പറയുമ്പോൾ എന്താണത് ഈ ജീവന് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധം ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധം അതാണ് ഇവിടെ പ്രത്യയം എന്ന് പറയുന്നത് ബോധപ്രത്യം എന്ന് പറഞ്ഞാൽ ഉണർന്നു ഉറങ്ങുന്നതുവരെയുള്ള ബോധം അല്ലെങ്കിൽ സ്വപ്നത്തിലുള്ള ബോധം സദാ വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധം ഉള്ളൽ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആന്തരികമായ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ മനസ്സെന്നോ ബുദ്ധി എന്നോ അന്ധകരണമെന്നോ എല്ലാം പറയാം ഉള്ളിൽ ഒരാഗദ്വേഷങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു കാമക്രോധങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള സങ്കല്പവികല്പങ്ങൾ ബാഹ്യമായി ശബ്ദസ്പർശ രൂപരസഗന്ധരൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു ഗ്രഹിച്ചതിനെ കുറിച്ച് സങ്കല്പിക്കുന്നു സ്മരിക്കുന്നു ഇതാണ് ഇവിടുത്തെ ബോധം ത്യയങ്ങൾ ബോധവികാരം ബോധപരിണാമം അല്ലെങ്കിൽ ബുദ്ധിയുടെ പരിണാമം അല്ലെങ്കിൽ മനസ്സിൻ്റെ പരിണാമം അല്ലെങ്കിൽ അന്ധകരണത്തിൻ്റെ പരിണാമം എന്തുണോ പറയുക സർവേ പ്രത്യയ വിഷയീഭവതിയെ ആത്മാർവോധാൻ പ്രതിബുദ്ധ്യത പറയുന്നു സർവേ പ്രത്യാഹ വിഷയിഭോന്തിയസ് സ ആത്മാ ബോധം എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോധത്തെ എല്ലാം ആരാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വിഷയി ബോധത്തിന് രണ്ട് തലം ഒന്ന് വിഷയത്തിൻ്റെ തലം ഒന്ന് വിഷയിയുടെ തലം വിഷയത്തിൻ്റെ തലം ബോധം എന്തിനെയാണോ ഗ്രഹിക്കുന്നത് അതാണ് വിഷയത്തിൻ്റെ തലം അത് ഗ്രഹിക്കുന്ന എന്ത് സർവത്തെയും ഈ പ്രപഞ്ചത്തെ ആകവേ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം വിഷയമാണ് ആർക്കാണ് ഈ ബോധം ആർക്കാണ് ബോധം ഉള്ളത് പറയും ഞാനാണ് ബോധത്തോടു കൂടിയിരിക്കുന്നവൻ അപ്പൊ ഞാൻ വിഷയിയായി ആത്മാ ജീവാത്മ വിഷയി ബോധത്തിന്റെ ഉടമസ്ഥൻ എന്നു പറയുന്നത് സർവേപ്പെടുത്തിയ ഈ ബോധങ്ങളെല്ലാം ഈ അനുഭവങ്ങൾ ബോധമെന്ന് പറയാം അനുഭവം പറയാം നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം ഇതെല്ലാം ആരുടേതാണോ ഇതിനെല്ലാം വിഷയിരിക്കുന്ന ആരാണോ സർവേ പ്രത്യ വിഷയിസ്യ ആർക്കാണോ ഇതിന്റെ വിഷയിക്കുന്നവൻ അപ്പോ വിഷയിരിക്കുന്നവനെ സംബന്ധിച്ചെന്താണോ ബോധം വിഷയമായി അതാണ് വിഷയി ഭവന്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ബോധത്തിനെന്തായി പ്രപഞ്ചം വിഷയമാണ് ബോധത്തിന് പ്രപഞ്ചം വിഷയം ബോധം ബോധത്തിന്റെ വിഷയിക്ക് വിഷയം ആത്മാവിന് വിഷയം പ്രപഞ്ചത്തെ സംബന്ധിച്ച ബോധമാണ് വിഷയി ിക്കുന്നത് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്താണ് വിഷയവിഷയിനോഹോ തമപ്രകാശവിരുദ്ധ സ്വഭാവമോഹോ അതുതന്നെ ഈ അനുഭവത്തിന് പ്രപഞ്ചം വിഷയമാകുമ്പോൾ അനുഭവം വിഷയി അനുഭവത്തിനൊരു ഉടമസ്ഥനാണ് അവന്റെ വിഷയമാണ് ഈ അനുഭവം ബോധം അവൻ വിഷയി പറയുന്നത് സർവേ പ്രത്യാഹ യസ് വിഷയീഭവന്തി ഈ സർവ അനുഭവങ്ങളും ആർക്കാണോ വിഷയവുമായിരിക്കുന്നത് ഈ സർവ അനുഭവങ്ങളും ആരാണോ വിഷയിരിക്കുന്നത് വിഷയി എന്നുള്ള ഞാൻ കൂട്ടിച്ചേർത്ത അജീവാത്മാവ് സ ആത്മാ അവനാണ് ആത്മാവ് സർവബോധാൻ പ്രതിബുദ്ധ്യത അവൻ ഈ ആത്മാവ് ജീവാത്മാവ് ഈ സർവബോധത്തെയും സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ബോധത്തെ അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ എന്റെ അറിവ് എന്റെ അറിവ് ഞാൻ അറിയുന്നു ഞാൻ ഇതിനെ അറിയുന്നു ഞാൻ ഇതിനെ അറിയുന്നു എന്നിങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പുസ്തകത്തെ അറിഞ്ഞു എന്തുകൊണ്ടറിഞ്ഞു എന്റെ അറിവ് കൊണ്ടറിഞ്ഞു ആരുടെ അറിവ് എന്റെ അറിവ് അവിടെയാണ് ആ വിഷയ വിഷയിഭാവം അതിനൂടെ ബോധിപ്പിക്കുന്നത് സർവബോധാൻ പ്രതിബുദ്ധിയുടെ സർവപ്രത്യദർശി സർവപ്രത്യങ്ങളെയും ദർശിക്കുന്നവൻ സർവറിവുകളെയും ദർശിക്കുന്നവൻ ആരെല്ലാണോ അനുസരിതമായി ഈ അറിവുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അവനാണ് സർവപ്രത്യദർശി സർവ്വ അറിവിനെയും ദർശിക്കുന്നവൻ ചിത് ശക്തി സ്വരൂപ മാത്രഹ അതിനെ പറയാൻ പറ്റുന്നതാണ് ചിത് ശക്തി എന്ന് പറയാം കേവലം അത് ചിന്മാത്രമാണ് ആ ജീവൻ ജീവഭാവം ജീവാത്മാ അന്ന് ഞാനിവിടെ പറയുന്നു പരമാർത്ഥത്തിൽ അതെന്താണ് കേവലം ചിത് ശക്തിയാണ് കാരണം ആ ഒരു പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു എന്ത് അറിവും വിഷയങ്ങളും അറിവിന് വിഷയത്തെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ ചിത് ശക്തിയാണെങ്കിലോ അറിവ് ആ വിഷയം സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് നമ്മൾ പറയുന്നത് ജ്ഞാതാവ് രീതി പറയത്തുന്നത് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം ആ ജ്ഞാതാവ് അത് താൻ തന്നെ തന്നിൽ നിന്ന് അന്യമായൊരു ജ്ഞാതാവില്ല അറിയുന്നവനായിരിക്കുന്നത് താൻ സൂര്യനും അതിൻ്റെ പ്രഭയും പറഞ്ഞു സൂര്യൻ സ്വയം പ്രകാശിക്കുന്നവനായിരിക്കുന്നു അതിൻ്റെ സ്ഥാനത്താണ് ജ്ഞാതാവ് അതിൻ്റെ പ്രഭ സർവത്ര വ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ സ്ഥാനത്താണ് ഈ ജ്ഞാനം ആ പ്രഭ ഓരോ വിഷയങ്ങളെയും സ്പർശിക്കുന്നു ഗുരുവസ്തുക്കളെ ആ വസ്തുക്കളുടെ സ്ഥാനത്താണ് ഈ വിഷയങ്ങൾ അതുപോലെ സ്ഥിതി ചെയ്യുന്ന സർവപ്രത്യദർശി ചിത് ശക്തി സ്വരൂപ് ചിത് ശക്തിയാണ് ബോധശക്തിയാണ് ശക്തി എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു അചിന്ത്യമാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു മനസ്സിലാക്കാൻ വയ്യ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോധം അത് അനിർവചനീയമാണ് അതുകൊണ്ട് പറയുന്നത് ചിത് ശക്തിയാണ് സ്വരൂപം പ്രത്യയില പ്രത്യേഷു അവിശിഷ്ടതയാ ലക്ഷ്യത്തെ നയദ്വാരം ആത്മനോ വിജ്ഞാനായ അറിവുകളെ കൊണ്ട് എൻ്റെ അറിവെന്ന് പറയുന്നത് െന്ന് പറയുന്നത് നമ്മളഭേദമായി പറയുന്നു മനസ്സ് നമുക്ക് വിശദീകരിച്ചിട്ടുള്ളതാണ് മനസ്സെന്ന് പറയുമ്പോൾ അറിവെന്ന് പറയുമ്പോൾ വാസ്തവത്തിൻ്റെ അത് വെളിച്ചത്തിനോട് ചേർന്ന് നിൽക്കുന്ന നെഴല് പോലെയാണ് മനസ്സെന്ന് പറയുന്നത് സൂര്യൻ പ്രകാശിക്കുന്നു അതിൻ്റെ പ്രകാശം വ്യാപിക്കുന്നു പക്ഷേ അപ്രകാശത്തിൽ തന്നെയാണ് നമ്മൾ നേഴും കാണുന്നത് എന്തുകൊണ്ട് നേഴുണ്ടാവുന്നു അപ്രകാശത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാവും അവിടെ അതിനെപ്പറിയ ഉപാധി എന്ന് പറയുന്നു പ്രകാശത്തെ പൂർണ്ണമായും പ്രകാശിക്കാൻ അനുവദിക്കുന്നില്ല ഒരു വസ്തു അതാണ് നെഴിനം സൃഷ്ടിക്കുന്നത് ഇവിടെ പ്രകാശം തൂണുകളെല്ലാം നഴിനം സൃഷ്ടിക്കുന്നു വസ്തു നെഴെന്ന് പറയുന്നത് എന്താണോ അത് നമ്മളതിനെ കാണുന്നുണ്ട് പൂർണമായ ഇരുളല്ല പൂർണ്ണമായ പ്രകാശവും ഒരു പ്രകാശത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് അതുപോലെയാണ് ഈ പ്രത്യയങ്ങൾ എന്നിവിടെ പറയുന്നു സാധാരണ പറയും മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അതിൽ ആത്മാവിൻ്റെ പ്രതിബിംബം ഉണ്ടാകുന്നു ആ മനസ്സല്ലെങ്കിൽ ബുദ്ധിയിലുണ്ടാകുന്ന പ്രതിബിംബമാണ് ഞാനെന്ന് പറയും അങ്ങനെ പറയാറുണ്ട് പക്ഷേ ബിംബവും പ്രതിബിംബവും രൂപമുള്ള വസ്തുക്കളെ സംഭവിക്കത്തുള്ളു ജ്ഞാനം അമൂർത്തമാണ് രൂപരഹിതമാണ് അതിന് പ്രകാശത്തിൻ്റെ പോലെ ഒരു അതിന് അതിബിംബമല്ല അതുകൊണ്ട് തന്നെ അതിന് പ്രതിബിംബം ഉണ്ടാകത്തില്ല അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയാവുന്ന ഒന്നുമല്ല എന്നാൽ അത് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നതാണ് ശുദ്ധമായ സ്വച്ഛമായ അന്ധകരണത്തിൽ ആത്മജ്ഞാനം പ്രതിബിംബിക്കുന്നുവെന്നും മറ്റും പറയും കുറച്ചുകൂടി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് നെഴലും വെളിച്ചവും പോലെയാണ് അവിടെ ബിംബപ്രതിബിംബഭഭാവമില്ല മറിച്ച് അവിടെയുള്ള എന്താണ് അതാണ് ചെറുചെയുള്ള അധ്യാസം ഒരു തരത്തിലുള്ള ഒരു കൂടിക്കലരൽ അതാണ് സംഭവിക്കുന്നത് നിഴൽ നഴൽ ഉരുള കൊണ്ട് വെളിച്ച പോയി ഒരുമിച്ച് നമുക്ക് അനുഭവപ്പെടുന്നു അതുപോലെയാണ് ഈ മനസ്സ് മനസ്സിലെ ഇരളെന്ന് പറയുന്നത് എന്താണ് അതാണ് പറയുന്നത് ഈ മായാകാര്യമായിരിക്കുന്ന സൂക്ഷ്മ തന്മാത്രകളിൽ നിന്ന് ഉണ്ടായിരുന്നു ഒരു പദാർത്ഥം ഒരു വസ്തു അതാണ് മനസ്സിന്റെ ആ ഇരൾ അതിലെ വെളിച്ചമെന്ന് പറയുന്നതോ അതിനോട് താതാന്മ്യപ്പെട്ടിരിക്കുന്ന ആത്മപ്രകാശം ഇവിടെ കാണുന്നത് പോലെ പ്രകാശം അതിൻ്റെ തനിമയിൽ പ്രകാശിച്ചിരിക്കുന്നു നമ്മൾ ശുദ്ധപ്രകാശം എന്ന് പറയാം അതുപോലെ ഈ ആത്മാവ് പ്രകാശിച്ചിരിക്കുന്നു പക്ഷെ അത് എവിടെയോ ഏതോ ഒരു തലത്തിൽ അതിന് തന്ന ഭിന്നമായ ഒരനാത്മ വസ്തുവുമായിട്ടൊരു താതാത്മ്യം വരുന്നു ഒരു തന്മയി ഭാവം വരുന്നത് ഒരു കൂടിക്കലർ എന്ന് പറയാം അത് വരുന്നു അതാണ് മനസ്സ് അതിൽ വെളിച്ചമില്ലേ എന്ന് ചോദിച്ചാൽ വിളിച്ചമുണ്ട് അതുകൊണ്ടാണല്ലോ അറിയുന്നതിനെ പ്രത്യയം എന്ന് പറയുന്നത് അതാണ് പ്രത്യത്തെ അത് പ്രതീതമാകുന്നുണ്ട് അത് അനുഭവ വിഷയമാകുന്നുണ്ട് അത് അനുഭവമാണ് അനുഭവ വിഷയവുമാണ് രണ്ടുമാണ് അതാണ് നിഴലിനെ കാണുന്നു എന്തുകൊണ്ട് വെളിച്ചം കൊണ്ട് കാണുന്നു വെളിച്ചം കൊണ്ടാ നിഴലിനെ കാണുന്നു അസീം ആ നിഴൽ അതിൽ വെളിച്ചം കൊണ്ട് കാണും അസ്വയം പ്രകാശിക്കുന്നുണ്ട് രണ്ടും സംഭവിക്കുന്നുണ്ട് വെളിച്ചത്തെ വെളിച്ചം കൊണ്ട് കാണേണ്ട ആവശ്യമില്ല നിഴലിനെ എങ്ങനെയുണ്ട് വെളിച്ചം കൊണ്ടാണ് കാണുന്നത് അതാണ് മനസ്സിൻ്റെയും സ്ഥിതി സ്വയം പ്രത്യയമാണ് അത് പ്രതീതമാകുന്നുണ്ട് ഇവിടെ അതാണ് പറയുന്നത് പക്ഷെ അതിന് അത് വിഷയീഭവന്തി അതീ ആത്മാവിന് വിഷയമായിരിക്കുന്നു ജീവാത്മാവിന് അത് വിഷയമായിരിക്കുന്നു അവിടെ സ്പഷ്ടമാണ് എന്താണ് അതിനൊരു പ്രകാശമുണ്ട് ഈ പ്രകാശിക്കുന്നു പക്ഷെ അതൊരു മങ്ങി പ്രകാശം നീണ്ടുപോലെയുള്ള പ്രകാശം അതുകൊണ്ട് ബോധം ബോധം പ്രതി ഓരോ അനുഭവത്തിനും അത് പ്രകാശിക്കുന്നു അ പൂർണ്ണമായിട്ട് കാരണം അവിടെ കൂടിക്കലറുകൾ സംഭവിച്ചിരിക്കുകയാണ് അതിനാണ് ചിജട ഗ്രന്ഥി എന്ന് പറയുന്നത് ചിത്തഞ്ചടവും കൂടെ കലർന്നിരിക്കുന്നു വേറിതിരിക്കാൻ വയ്യാത്ത രീതി തത്വജ്ഞാനികൾക്കല്ലാതെ മറ്റാർക്കും വേർതിരിക്കാൻ പോയ തത്വജ്ഞാനികളതിനെ ഹംസോ യഥാ ക്ഷീരം ഇവാം മിശ്രം ഹംസത്തെ പോലെ വേർതിരിക്കും പക്ഷേ അത് വിദിതമാണെങ്കിലും അവിദിതമായിരിക്കുന്നു അജ്ഞനെ സംബന്ധിച്ച് അവനവൻ്റെ മനസ്സിനെ അറിയുന്നുണ്ട് അവന്റെ അറിവിനവൻ അറിയുന്നുണ്ട് കാരണം സർവ പ്രത്യദൃശ്യായ ആത്മാവാണ് അവൻ അതുകൊണ്ട് അവന്റെ മനസ്സിനവന് അറിയാൻ കഴിയുന്നുണ്ട് പക്ഷെ അത് ഒരു നീണ്ടുപോലെ അറിയാൻ കഴിയുന്നു വാസ്തവത്തിൽ ശരിയായ അറിവിന് അത് തടസ്സമായിരിക്കുകയാണ് അത് തടസ്സം സൃഷ്ടിക്കുകയാണ് മനസ്സ് ശരിക്കും ആത്മപ്രകാശത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശത്തിന് എപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്ന എന്താണോ വിരളാണ് വിരള് പ്രകാശത്തിന് തടസ്സം സൃഷ്ടിക്കും പ്രകാശത്ത് തടയും ആകാശത്ത് സൂര്യന് ഉച്ചയിക്കുന്നു മേഘങ്ങൾ വന്നു മേഘങ്ങൾ എന്ത് ചെയ്യുന്നു നിഴലിനെ സൃഷ്ടിക്കുന്നു പ്രകാശത്ത് തടയും ഭൂമി തന്നെ പ്രകാശത്തെ തടഞ്ഞിട്ടാണല്ലോ അതിന്റെ ഫലമായി എന്ത് വരുന്നു വരുന്നു ആ നെല്ല് തന്നെ വെളിച്ചത്തിന് തടസ്സമായിരിക്കും മേഘം മാറുമ്പോൾ നെല്ല് മാറുന്നു വെളിച്ചം തടസ്സമില്ലാതെ പ്രകാശിക്കുന്നു അതാണ് നമ്മുടെ ലൗകികമായ അനുഭവത്തിൽ കാണുന്നത് നമ്മൾ സൂര്യനെ കാണാൻ ശ്രമിക്കുന്നു നമുക്ക് രണ്ടു പേർക്കും ഇടയ്ക്ക് സൂര്യനും കാണുന്നവനും ഇടയ്ക്ക് മേഘം കടന്നു വരുന്നു സൂര്യന്റെ പ്രഭ അനുഭവപ്പെടുന്നില്ല പിന്നെ അവിടെ പ്രകാശത്തിന് തടസ്സമായി നിൽക്കുന്ന എന്താണോ ആ നിഴലാണ് മേഘത്തിന്റെ നിഴലാണ് പക്ഷെ അവിടെയും പ്രകാശമുണ്ട് അവിടെയുള്ള പ്രകാശം എന്ന് പറയുന്നത് എന്താണ് അവ്യക്തത അവ്യക്ത അതാണ് നിഴലെന്ന് പറയുന്നത് അതാണ് ഈ മനസ്സിന്റെ സ്ഥിതി അതാണ് മനസ്സ് മാറിയാൽ ആത്മാവ് പ്രകാശിക്കുന്നു ആത്മാവ് സ്വയം പ്രകാശിക്കുന്നതാണ് അതിന് ഈ മറ മാറിയാൽ മതി എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ദൃഷ്ടാന്തത്തിൽ എന്താണ് സൂര്യൻ വേര് കാണുന്നവൻ വേര് ഈ ഇടയ്ക്കൊരു മറ പരമാത്മാവിനെ സംബന്ധിച്ചാണെങ്കിലോ ആ ഒരു മറ മാറിയാൽ അത് സ്വയം പ്രകാശിക്കുന്നു അവിടെയുണ്ട് ഈ തൃത്വം എങ്ങനെ പരമാത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ കാണാൻ ശ്രമിക്കുന്ന ഒരു ജീവൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു അതിനിടയ്ക്ക് ഈ അന്ധകർണം എന്ന് പറയുന്ന മറ വരുന്നത് അപ്പം അവിടെയുണ്ട് ഈ മൂന്ന് പക്ഷേ ഇവിടെ എന്താണോ മേഘം മാറി സൂര്യനെ കാണുമ്പോ കാണുന്നവൻ വേറെ സൂര്യൻ വേറെ ആത്മബോധത്തിൽ അങ്ങനെയല്ല ഇവിടെയും വാസ്തവത്തിൽ അങ്ങനെയല്ല ഇവിടെയും നമ്മൾ ധരിക്കുകയാണ് കാണുന്നവനും വേറെ സൂര്യൻ ഇവിടെ വാസ്തവത്തിൽ ഈ മേഘത്തിൻ്റെ മറം മാറിക്കഴിഞ്ഞാൽ ഇവിടെ പ്രകാശം ഒന്നേ ഉള്ളൂ രണ്ടു പ്രകാശമില്ല കണ്ണിൽ നിന്ന് ആ പ്രകാശവും സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശവും ഏകീഭവിക്കുമ്പോഴാണ് നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നത് പ്രകാശം രണ്ടായി നിൽക്കുമ്പോഴല്ല രണ്ടായി നിൽക്കുന്ന ഇപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ കേവലം നമ്മുടെ അങ്കുലി കൊണ്ട് തന്നെ ഒരു തടസ്സത്തെ സൃഷ്ടിച്ചാൽ സൂര്യന്റെ പ്രകാശം വേറെയായി കാണുന്നവന്റെ പ്രകാശം വേറെയായി കൺപോളകൾ കൊണ്ടൊരു തടസ്സം സൃഷ്ടിച്ചാലും മതി സൂര്യപ്രകാശം വേറെയായി കാണുന്നവന്റെ പ്രകാശം വേറെയായി സൂര്യനെ എതിരിട്ട് കാണുമ്പോഴോ ഈ പ്രകാശ രണ്ട് ഒന്നായിത്തീരുകയാണ് സൂര്യന്റെ പ്രകാശം വേറെയില്ല കാണുന്നവൻ്റെ കണ്ണിന്റെ ദീപ്തി അത് വേറെയല്ല അത് വേഗമായി തീരുകയാണ് ഏകമായി തീർന്നാല് സൂര്യനെ കാണാൻ പറ്റും അവിടെ രണ്ട് പ്രകാശങ്ങൾ അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ജീവനെയും പരമാത്മാവിനെ സംബന്ധിച്ച് ജീവന്റെയും പരമാത്മാവിൻ്റെയും ഇടയ്ക്ക് ഈ മനസ്സെന്ന് പറയുന്ന ഈ അവിട്ടത ഇത് കടന്നു വരുന്നു മേഘ ഇങ്ങനെ കടന്നു വന്നു ഇവിടെ വായു കൊണ്ടുവന്നു അതിന്റെ സൃഷ്ടി അതെന്തായാലും ശരി അതിന് മുഖ്യ കാരണമായിരിക്കുന്ന എന്താണ് വായുവാണ് കൊണ്ടുവരുന്നത് അതും ഇതിനോട് വളരെ സമാനതയുള്ളതാണ് വായുവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ വായു ഇവിടെയിരിക്കുന്നു വായു ഈ ജീവനെ ആശ്രയിച്ചായിരിക്കും സൂര്യനെ ആശ്രയിച്ചല്ല ഈ മേഘത്തെ കൊണ്ടുവരുന്ന വായു സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു മേഘവും നിന്നളന്നുപോകുക സൂര്യനിലേക്കുള്ള ദൂര ദൂരം കാണുന്നവൻ്റെ കണ്ണിലേക്കുള്ള ദൂരം അളന്നുപോകുക ആ സൂര്യനിലേക്കുള്ള ദൂരത്തെ അപേക്ഷിച്ച് ഇത് അഗണ്യമാണ് ഗണിക്കത്തക്കതല്ല േഘം ഇവനോടടുത്തായിരിക്കും കാണുന്നവനടുത്തായിരിക്കും അതിനെ കൊണ്ടുവരുന്ന വായു ഇതിനോടടുത്താണ് സാങ്കേതികമായി അദ്വൈത ശാസ്ത്രങ്ങളൊക്കെ പറയും എന്താണോ ഇത് ആശ്രയിച്ചിരിക്കുന്നത് ജീവനെയാണ് ബ്രഹ്മത്തെയല്ല അത് വലിയൊരു ചർച്ചയാണ് അദ്വൈതത്തിൽ ഈ അജ്ഞാനം ആരെ ആശ്രയിച്ചിരിക്കുന്നത് ജീവനെയാണോ അതേ ബ്രഹ്മത്തെയാണ് വേണമെങ്കിൽ ബ്രഹ്മത്തെ ആശ്രയിച്ചതെന്നും പറയാം പക്ഷെ ആത്യന്തികമായ നിഗമനം എന്താണ് ജീവനെ ആശ്രയിച്ചിരിക്കുന്ന കാരണം ഇതെല്ലാം ഈ കാണുന്നവനെ ചുറ്റിപ്പറ്റിയാണോ മേഘവും വായുവല്ല സൂര്യനെ ഇത്രയും അകലെയാണ് അവിടെ ഈ മേഘങ്ങളില്ല അവിടെ ഈ വായുവില്ല അതുപോലെ ഈ ആശ്രയിച്ചിട്ടാണ് ഈ അന്ധകരണം ഇവിടെ ഈ കൊണ്ടുവരുന്നത് എന്താണ് മായാവായു മായാണിനെ സൃഷ്ടിച്ച വിടുന്നത് ഇവിടെ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രതിശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് വീപ്സയെ കാണിക്കുക നൈരന്തര്യത്തെ കാണിക്കുക ഇതിന് ഒരു നൈരന്തര്യമുണ്ട് ആകാശത്ത് മേഘം ചിലപ്പോൾ വരുമ്പോൾ ഒരു എപ്പോഴും ഒരുപോലെ അല്ല ഇവിടെ അങ്ങനെയല്ല അത് അനാദിയായി അനന്തമായി നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മനസ്സാകുന്ന മേഘം ഈ പരമാത്മ സൂര്യൻ്റെയും ജീവന്റെയും ഇടയ്ക്ക് കൂടി ഇത് നിരന്തരം കിടന്നുകൊണ്ടിരിക്കുകയാണ് അനാദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത ഒരു കാലം എന്നുള്ള ജാഗ്രതയിലേക്ക് വരുന്നത് മുതൽ തിരിച്ച് സുഷുതിയിലേക്ക് പോകുന്നതുവരെ അതാണ് അനാദി അനന്തം എന്ന് പറയുന്നത് അതിന് അനാദി എന്ന് എന്തുകൊണ്ട് പറയുന്നു ആ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യം നമുക്കറിയത്തില്ല ഇത് തുടക്കം നമുക്കറിയത്തില്ല ഇന്നവരാർക്കും പിടികിട്ടിട്ടില്ല ഇതെപ്പോ തുടങ്ങി ഈ മനസ്സിന്റെ പ്രവർത്തനം അതൊന്നും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ നടക്കത്തില്ല ഉള്ളത് അനാദി അവസാനിക്കുന്നു അവസാനിക്കുന്ന നിമിഷം നമുക്ക് പിടികിട്ടത്തില്ല അതുകൊണ്ടത് അനന്തം ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഏത് നിമിഷമാണ് ഞാൻ ജാഗ്രത്തിലേക്ക് വന്നത് ഏത് നിമിഷം ഞാൻ സ്വപ്ന സുശക്തിയിലേക്ക് പ്രവേശിച്ചു അസാധ്യവൻ അത് അനാദി അനന്തമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് അവിശ്രമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിരാമമായി മനസ്സിന് വിശ്രമം മായാവായു ഇത് നിരന്തരമായി ഇതിങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കുന്നു മേഘത്തിയ സൂര്യനെ സംബന്ധിച്ചാൽ അങ്ങനെയല്ല മഴക്കാർ ഉള്ളപ്പോഴേ ഉള്ളു അല്ലാത്ത സമയത്ത് അതില്ല ഇവിടെ അങ്ങനല്ല ഇവിടെ മായാ വായു നിരന്തരമായി വീശിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിരന്തരമായി മനസ്സും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പരമാത്മാവിനെ മറച്ചുകൊണ്ട് ഈ ജീവന്റെ ജീവനെ ആശ്രയിച്ച് മായാ വായുവിന്റെ സഹായത്താൽ അവിരാമമായി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതിനൊരു വിരതി അത് സംഭവിക്കാത്തതുകൊണ്ടാണ് ആനന്ദം എന്ന് പറയുന്നത് നോക്കുക നിമിഷം ജാഗ്രതത്തിലേക്ക് വരുന്നോ ആ നിമിഷം മനസ്സ് പ്രവർത്തിക്കുകയാണ് ഇതിനൊരു വിരാമം സുഷുപ്തി വരെ ഇല്ല ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സ് പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല ഉള്ളിലൂടെ നിരന്തരം വികാര വിചാരങ്ങൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മനസ്സിന് ഒരു കടങ്ങൽ കൂടെ എന്ന് പറയുന്നത് അത് സദാ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു സമയം മനസ്സൊന്നൊഴിയുക അത് സംഭവിക്കുന്നില്ല ആർക്കും സംഭവിക്കുന്നുണ്ട് മനസ്സുണ്ടോ അത് സംഭവിക്കുന്നുണ്ട് അതേസമയം ഈ പരമാത്മ സൂര്യൻ ഈ മനസ്സിൽ നിന്നും വളരെ അകലെയാണ് ഈ മായാവായുവിൻ്റെ പ്രവർത്തന തലത്തിൽ നിന്നും വളരെ അകലെയാണ് അത് സ്വയം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷേ ഈ ജീവന് അതുമായിട്ട് ഏകീഭവിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ദൃഷ്ടാന്തം പറഞ്ഞല്ലോ ഇപ്പോഴാണോ ഈ മറ മാറുന്നത് ജീവൻ ആ ജീവന്റെ പ്രകാശം ആ ആദിത്യപ്രകാശവുമായിട്ട് ഏകീഭവിക്കും കാരണം ചക്ഷുസിലിരിക്കുന്നതും ആദിത്യന്റെ പ്രകാശമാണ് അതൊന്നാണ് അതിന് വന്ന തടസ്സം കൃത്രിവുമാണ് ആ തടസ്സം മാറിക്കഴിഞ്ഞാൽ പ്രകാശം ഒന്നായിത്തീരുന്നു അവിടെ ചാക്ഷുഷമായ പ്രകാശം സൗര്യ അങ്ങനെ രണ്ട് ഭേദമില്ല അത് ഇവിടെ സംഭവിക്കുന്നത് ഇത് പ്രതിബോധം ബോധം ബോധം പ്രതി എന്ന് പറയുന്ന അതാണ് ഈ മനസ്സ് എന്ന് പറയുന്ന ഈ മറ ഈ മറ മാറിക്കഴിഞ്ഞാൽ ഈ തൃത്വം അവിടെ അവസാനിക്കുന്നു ദൃഷ്ടാവ് അവിടെ പറഞ്ഞ സർവപ്രത്യദർശി പ്രത്യയം അതിനപ്പുറമുള്ള പരമാത്മപ്രകാശം ഇവിടെ മൂന്നിടത്തും പ്രകാശമുണ്ട് പരമാത്മപ്രകാശം അത് യാതൊരു തടസ്സവും കൂടാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് വരുന്ന ഈ മനസ്സ് അതൊരു നിഴലുപോലെ പ്രകാശവും വിരളും കൂടിക്കല്ലടുന്നു വെളിച്ചവും ഇരളും കൂടിക്കല്ലടുന്നു അതിൻ്റെ ദഷ്ടാവ് അതിന് കാണുന്നവൻ സർവപ്രത്യദർശി അത് എന്താണോ വസ്ത്ര ശ്രമിക്കുന്നത് എന്താണോ ഈ മനസ്സാകുന്ന ഈ മറയെ ഭേദിച്ച് ആ പരമാത്മ സൂര്യനുമായിട്ട് ഏകീഭവിക്കാനാണ് ഈ പ്രകാശം ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ പ്രത്യേക ദർശനം എന്ന് പറയുന്നത് ഈ മനസ്സിനെ നിരന്തരം സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്ന അതാണോ അതിനെ നിലനിർത്താനല്ല ആ മറയെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ നിഴലും വെളിച്ചവും കൂടിക്കലർന്ന ഈ മനസ്സിന്റെ അനുഭവം നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഈ ചൈതന്യത്തിന്റെ താതാപ്യം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നു മാത്രമല്ല ഇരുളു മാത്രമല്ല പ്രകാശമുണ്ട് നിങ്ങൾ നിഴിനെ കാണുമ്പോൾ പ്രകാശത്തെയും കാണുന്നുണ്ട് പ്രകാശത്തെ കാണാതെ നെഴിനെ കാണാൻ പറ്റില്ല പ്രകാശത്തിന്റെ സഹായത്താൽ പ്രകാശത്തെ കാണും കണ്ണിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് നിഴലിലെ പ്രകാശത്തെ കാണും അതുപോലെ ഇവിടെ കാണുന്നവൻ ഒരുവനുണ്ട് ഇവിടെ പറഞ്ഞുള്ള സർവപ്രത്യദർശി അവന്റെ പ്രകാശമുണ്ട് ആ പ്രകാശം കൊണ്ട് ഈ മനസ്സാകുന്ന നഴലുള്ള പ്രകാശത്തെ കാണും അതാണ് മനസ്സിനെ കാണും വികാര വികാരങ്ങളെ കാണുന്നത് നിരന്തരമായി അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് പ്രതിബോധവിദിതം എന്ന് പറയുന്നത് ആ പ്രകാശത്തെ ഗ്രഹിക്കുന്നുണ്ട് സർവപ്രത്യദർശി അവൻ സർവപ്രകാശങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സ് പ്രത്യക്ഷപ്പെടുക മനസ്സിനെ അറിയാതിരിക്കുക അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താവും താൻ ജാഗ്രതയിലിരിക്കുക ജാഗ്രത അറിയാതിരിക്കുക എന്നാണ് അത് സംഭവിക്കില്ല സുഷൃത്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് ഉണർന്നാൽ വന്നാൽ അടുത്ത സുഷൃക്തിയിലേക്ക് കടക്കുന്നതുവരെ അതിനറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി അനുസ്യൂതയ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രത്യീരവറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിയാൻ സഹായിക്കുന്ന എന്താണ് നേടിനെ അറിയാൻ സഹായിക്കുന്ന എന്താണ് ആ നേട് തന്നെ മറ്റൊന്നുമല്ല അതാണ് അതിനെ അറിയാൻ സഹായിക്കുന്നത് പ്രത്യേകി ര പ്രത്യേക ആ നേടുകളിൽ അനുസ്യൂതതയാൾ പറഞ്ഞിരിക്കുന്നത് അവിശിഷ്ടതയ ഏകരൂപത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ആ പ്രകാശത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രതിബോധവിധം എന്ന് പറയുന്നത് ഈ അറിവിനെയാണ് നിരന്തരമായി ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ഈ അറിവിനെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചിട്ടും അതൊരു പൂർണമായ വെളിച്ചമാകുന്നു നമ്മൾ നെലിനെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതൊരു പൂർണ്ണമായ വെളിച്ചമാകുന്നു എന്താ തകരാറവിടെ കാരണം അവിടെ ഒരു ഉപാധിയുണ്ട് ആ നെല്ല് വരുന്നതിന് വെളിച്ചം എങ്ങനെയാണോ ഹേതുവായത് അതുപോലെ ഹേതുവാണ് ആ തോണം അതും ഹേതുവാണ് ഈ മനസ്സ് മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിലെ ജഡാംശം അത് ഹേതുവാണ് മനസ്സിലെ ജഡാംശം എന്ന് പറയുന്നത് മനസ്സെങ്ങനെയുണ്ടായി മനസ്സ് മായാസിഷ്ടമാണ് എങ്ങനെ തന്മാത്രകളിൽ നിന്നുണ്ടായി തന്മാത്രകളെ തന്മാത്രകളുടെ സർജനം അത് മായയിൽ സംഭവിക്കുന്നു അങ്ങനെയാണ് തുടങ്ങുന്നത് അദ്ദേഹത്തിൽ ആ സൃഷ്ടിയിൽ തന്മാത്രകളുടെ സൃഷ്ടിയിൽ അത് അത്യധികം സൂക്ഷ്മവും സത്യവും സ്വച്ഛവുമായതുകൊണ്ട് വെളിച്ചം അതിനോട് താതമ്യപ്പെടുന്നു അതാണ് ഇവിടുത്തെ ഉപാധി എങ്ങനെയാണോ നിഴലിനെ സൃഷ്ടിക്കുന്നതിന് ഈ തോണൊരുപാധിയായത് അതുപോലെ ഈ മനസ്സിൽ ഉള്ള അല്ലെങ്കിൽ മനസ്സാകുന്ന നിഴൽ അതിനെ സൃഷ്ടിക്കുന്നതിന് മനസ്സ് തന്നെ ഒരുപാധ്യ ഈ അന്തക്കണ്ണൻ തന്നെ ഒരു ഉപാധ്യായി അങ്ങനെ ഒരു ഉപാധിയിലൂടെ ആ വെളിച്ചം തന്നെ പ്രകാശിക്കും നിഴലിൽ കാണുന്നതും സൂര്യന്റെ വെളിച്ചമാണ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ട്യൂബിന്റെ വെളിച്ചമാണ് വെളിച്ചത്തിന്റെ ഉറവിടം ഒന്നു ആ വെളിച്ചം ഈ മനസ്സിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം പൂർണമായി പ്രകാശിക്കുന്നുണ്ട് പ്രതിബോധവിദിതമായിരുന്നിട്ടും അത് അവിദിതമായിരിക്കുന്നു അതിന് അതിനെ വേർതിരിക്കണമെങ്കിൽ എന്താണ് ക്ഷീര നീര വിവേകം എന്ന് പറയുന്നു ആത്മാഅനാത്മവിവേകം അത് വേണം അത് ആണ് ഇവിടെ പറയുന്ന എന്താണ് ഹംസത്തെപ്പോലെ അതിനെ വിവേചിക്കുന്നു ചിജടങ്ങളെ വിവേചിക്കുന്നു ഹൃദയ ഗ്രന്ഥി ആ താതാത്മ്യം ദൃഢമായതുകൊണ്ടാണ് അതിനെ ഗ്രന്ഥി എന്ന് പറയുന്നത് അതിനെ അവർ വേർതിരിക്കുന്നു അവിടെ ആ ഉപാധി ഇല്ലാതാകണം ഈ നേരിട്ടില്ലാതാകണമെങ്കിൽ എന്തു വേണം തൂണവിടെ ഇല്ലാതാകണം മനസ്സവിടെ ഇല്ലാതാകും സൂര്യൻ പൂർണ്ണമായി പ്രകാശിക്കണമല്ലോ അല്ലെങ്കിൽ സൂര്യനെ ഈ കണ്ണുകൊണ്ട് പൂർണമായി സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം മേഘം ഇവിടെ ഇല്ലാതാകും മറഞ്ഞാൽ അത് മാറിപ്പോയാൽ സൂര്യനത് പൂർണമായ ചാക്ഷ പ്രത്യക്ഷമാണ് കണ്ണുകൊണ്ട് അതിനെ കാണാൻ പറ്റും പൂർണ്ണമായിട്ട് മറിച്ചാണെങ്കിലോ കണ്ണുണ്ട് പക്ഷെ രാത്രിയാണ് അർദ്ധരാത്രിയാണ് സൂര്യനെ കാണാൻ പറ്റുന്നത് കണ്ണില്ല സൂര്യൻ മുമ്പിലുണ്ട് എന്നാലും സൂര്യനെ കാണാൻ പറ്റുന്നില്ല ഈ രണ്ടവസ്ഥയിലും സൂര്യന്റെ സാക്ഷാത്കാരം അസാധ്യമാണ് അന്ധനും അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല രാത്രിയിലും അത് നേരുന്നു മാത്രമാണ് അവിടെ സൂര്യനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല രാത്രിയിലും പ്രകാശമുണ്ട് കാര്യത്തിൽ സംശയമുണ്ട് എന്തുകൊണ്ട് അപ്രകാശ സർവവ്യാപിയാണ് അതുകൊണ്ട് സർവത്ര പ്രകാശമുണ്ട് പക്ഷെ സൂര്യനെ കാണാൻ പറ്റത്തില്ല രാത്രിയെ സാക്ഷാത്കരിക്കുന്നതും പ്രകാശത്തിന്റെ സഹായത്തോടാണ് നമ്മൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് പ്രകാശം കൂടാതെ ഇരട്ടിനെ കാണാൻ വയ്യ പക്ഷെ ആ പ്രകാശത്തിന് ഇരട്ടിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല ഇരട്ടിനെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം ആ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ പ്രകാശം തന്നെ വേണം എങ്ങനെയുള്ള പ്രകാശം നിരുപാധികമായ പ്രകാശം ഉപാധിരഹിതമായ പ്രകാശം പ്രതിബോധവിദുതത്തിൽ അത് സംഭവിക്കുന്നില്ല ബോധം ബോധം പ്രതി ഇത് വിജിതമായിരിക്കുന്നു അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ അറിവില്ലായ്മയിലും അറിവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ഇരുളിലും നഴലിലും സൂര്യൻ തന്നെയാണ് പ്രകാശിക്കുന്നത് ആ പ്രകാശം തന്നെയാണ് കാണിച്ചു തരുന്നത് എന്താണ് ഇത് നിരളാണ് ഇത് നിഴലാണ് എന്തുകൊണ്ട് ആ പ്രകാശം തന്നെയാണ് ചാക്ഷുഷമായ പ്രകാശമായിരിക്കും ആ സൂര്യ അംശം തന്നെയാണ് ചക്ഷുരേന്ദ്രിയത്തിലൂടെ സൂര്യൻ ഇല്ലെങ്കിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുക അത് ആ പ്രകാശം തന്നെ കാണിച്ചു തരും നിരലിൻ്റെ ആ ഇരുലിലുള്ള പക്ഷേ എന്നാൽ അതുകൊണ്ട് സൂര്യനെ കാണാൻ പറ്റും പറ്റത്തില്ല അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണോ ഈ ഉപാധി മാറണം എന്തുപാധിയാണോ ഇവിടെ തടസ്സമായി നിഷ്ഠിക്കുന്നു അതിലിപ്പം മേഘമാകാം അല്ലെങ്കിൽ ഭൂമി തന്നെ ആകാം ആ ഉപാധി മാറിക്കഴിഞ്ഞാൽ പൂർണ്ണമായി പ്രകാശിക്കുന്നു ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണോ ഇതൊരിക്കലും അജ്ഞാതമല്ല അജ്ഞാതമായി ഒന്നിനെ നമ്മൾ കണ്ടെത്തുകയല്ല ഇത് സദാജ്ഞാതമാണ് സദാജ്ഞാതമായാലും അത് വീണ്ടും നമുക്ക് അജ്ഞാതമായിരിക്കുന്നു നെഴിനെ കാണുന്നതുപോലെയുള്ളൂ അതിനെ കാണാൻ കഴിയുന്നില്ല ഒരിക്കലും അതിനെ കാണാൻ കഴിയുന്നില്ല ഇത് ഈ മനസ്സിങ്ങനെ സദാ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കാണാൻ പറ്റും അത് ജാഗ്രത്തിലും കാണാൻ കഴിയുന്നില്ല ഇനി സുഷൃത്തിയിലേക്ക് പോയാലോ പോയാലും കാണാൻ കഴിയുന്നില്ല കാരണം അവിടെയും ഇത് നെഴിൽ മാറി പ്രകാശിക്കുന്നു അത് സ്വപ്നത്തിൽ നിന്ന് സുഷൃത്തിയിലേക്ക് പോയത് പോലെ ഉള്ളു സ്വപ്നത്തിനും പ്രകാശനമുണ്ട് പക്ഷെ അവ്യക്തമായിട്ട് നെല്ല് പോലെ ജാഗ്രതയിലാപ്രകാശം നട്ടുച്ച പോലെ കുറച്ചുകൂടി വ്യക്തതയാണ് സുഹൃത്തിയിലാപ്രകാശം രാത്രി പോലെ ജാഗ്രത സ്വപ്നം സുഷൃ അത് അത് മനസ്സിന്റെ ശക്തിയാണ് മായാ മനസ്സിന്റെ ശക്തി പറഞ്ഞിന്റെ മനസ്സ് കടന്നതുപോലെയാണ് അത് സദാ ഇങ്ങനെ മോളിക്കൊണ്ടിരിക്കും അതിന് വിശ്രമില്ല വിശ്രമിച്ച മനസ്സാരെങ്കിലും കണ്ടിട്ടുണ്ടോ വിശ്രമിച്ച മനസ്സാരും കണ്ടിട്ടില്ല ഒരു തത്വജ്ഞാനിയും കണ്ടിട്ടില്ല വിശ്രമിച്ച മനസ്സ് കാരണം വിശ്രമിച്ച പിന്നെ മനസ്സവിടെയില്ല പിന്നെ ഇങ്ങനെ കാണാൻ പറ്റും മനസ്സിനെ ഇവിടെ പറഞ്ഞ കേവലം ചിൻ മാത്രം കേവലം ചിത് ശക്തി മനസ്സിന് നിലയില്ല മനസ്സിന്റെ നില അറ്റുപോകുന്ന അവസ്ഥയാണ് മനസ്സിന്റെ വിശ്രമം മറിച്ചാണെങ്കിലോ മനസ്സ് ഈ കടന്നതുപോലെയാണ് അതിന്റെ പ്രത്യേകത എന്താണ് അത് വിശ്രമിച്ചാലും നമുക്ക് അതിന്റെ കൂടിനെ കാണാൻ പറ്റത്തില്ല കാരണം വിശ്രമിക്കുമ്പോൾ അതിനെ പൊതിഞ്ഞിരിക്കും അതുപോലെയാണ് സുശക്തി ഇത് അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പറയാനുമില്ല കണ്ണന്നിന്റെ കൂടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അതെ പൊതിഞ്ഞിരിക്കും പകല് അവന് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും രാത്രിയാകുമ്പോൾ അതിനെ പൂർണമായും ആവരണം ചെയ്തിരിക്കും എന്തിനെയാണത് ആശ്രയിച്ചിരിക്കുന്നത് അതിനെ കാണാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇവിടെയും ഈ ആത്മപ്രകാശത്തെ ജാഗ്രത്തിനും കാണാൻ വയ്യ സ്വപ്നത്തിനും വയ്യ സുഷ്ടും വയ്യ എന്നാൽ അത് പ്രതിബോധവിരുദ്ധമാണ് ില വെളിച്ചം പോലെ അത് സർവപ്രത്യക്ഷമാണ്സ്വസംവേദ്യമാണ് എന്നും പറയും സദാ അപരോക്ഷം ശ്രുതി പറയുന്നതാണ് സാക്ഷാത് അപരോക്ഷം സാക്ഷാത് അപരോക്ഷ സാക്ഷാത് അപരോക്ഷമാണ് അത് തന്നെ ഇവിടെയും പറയുന്നു സർവപ്രത്യകദർശി പ്രതിബോധം ഇതിന്റെ താൽപര്യമാണ് മുമ്പോ പറഞ്ഞ ഇത് വിദുതവുമാണ് അവിദ്യതവുമാണ് വിദുത അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിനെ മാത്രമേ അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം എന്തുകൊണ്ട് ജാഗ്രത നോക്കുക ജാഗ്രത സദാസമയവും വിഷയങ്ങൾ ഈ ബോധത്തിന് പ്രകടമായി കൊണ്ടേയിരിക്കുന്നു ഓരോ വിഷയം പ്രകടമാകുമ്പോഴും ആ വിഷയത്തെ ആ ബോധം ഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു ആ ബോധം ആർക്കാണ് എനിക്കാണ് ഞാൻ ആ ബോധത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു സഭ പ്രത്യേകിച്ച് അപ്പോൾ ഇതിനെയാണല്ലോ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സദാപ്രകാശത്തിലാണ് ഇരിക്കുന്നത് ജാഗ്രതത്തിലൂടെ രാവും പകലുമില്ല രാവും മാത്രമാണ് അതുകൊണ്ട് പറയുക എന്താണ് സദാ സർവത്ര ഇതിനെ തന്നെ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഇതിന്റെ സ്വഭാവം തന്നെ അപരോക്ഷമാണ് സാക്ഷാത്കാരം ഇതിന്റെ സ്വഭാവമാണ് അതിനാ സ്വഭാവത്തിൽ നിന്ന് മാറാൻ എന്നാലും വിശദീകരിക്കാൻ കഴിയാത്ത അനുവചനീയമായ ഒരു വൈഷമ്യം അതുകൊണ്ടാണ് അതിന് മായ യുക്തിക്ക് നിരക്കാത്തൊരനുഭവം സ്വയം സാക്ഷാത്തായി അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നിട്ടും ഇതിനൊരു മറയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലെങ്കിലും യാതൊരു പ്രസക്തിയും ഇല്ലെങ്കിലും അവിടെ ഒരു മറ അനുഭവപ്പെടും അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും ഇതിനെ അറിയാൻ കഴിയില്ല അത് അതിനാണ് അഞ്ചു സ്വാമികൾ പറയുന്നത് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസം എന്നാണ് അതിൻ്റെ അർത്ഥം യുക്തിക്ക് വഴങ്ങാത്ത ഒരു അനുഭവം അതാണ് മായ അനുഭവമാണ് മായ പ്രകാശത്തിൽ തന്നെ ഇരുട്ടു വിരിക്കുക പ്രകാശത്തെ ആശ്രയിച്ച് തന്നെ അതാണ് പ്രകാശത്തെ ആശ്രയിച്ചാണ് ഇവിടെ ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ഇരുളിടിക്കുന്നത് നമ്മൾ പ്രകാശത്തിന്റെ സഹായത്തോടെയാണ് നെഴിനെ കണ്ടത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനർത്ഥം ഇത് രണ്ടുമുണ്ടെന്നാണ് പ്രകാശം കൊണ്ട് ഇരുളമുണ്ട് അതുകൊണ്ട് ഓരോ ബോധത്തിലും ഇത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടിവിടെ പറയുന്നെന്താണോ ഇത് പുതുതായി കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല നമ്മൾ അന്വേഷിച്ച് ചെന്ന് ഒരു സ്ഥലത്ത് പോയി ഇതിനെ കണ്ടെത്തേണ്ട കാര്യമുണ്ട സദാ അപരോഷമായി പ്രകാശിക്കുന്ന ഒന്നിനെങ്ങനെ കണ്ടെത്താൻ പറ്റും ഇവിടെ പറയുന്ന സർവ്വപ്രത്യ ദർശി തന്നെ സർവപ്രത്യങ്ങളെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നു ജ്ഞാനസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെങ്ങനെ പോയി കണ്ടെത്താൻ പറ്റും അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക തന്നെ സർവപ്രത്യങ്ങളും തന്നെ മുമ്പിലുണ്ട് ഇതിന് ഒരു മറയായിട്ട് അതിനെ നീക്കം ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഈ വിവേകം എന്താണ് ഈ പ്രകാശം എന്താണ് ഈ മറ ഇതെങ്ങനെ മാറും എങ്ങനെ മാറുന്നു എന്നുള്ള വിവേകം അത് ഇതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളെ ബോധിപ്പിക്കുകയാണ് ശ്രുതി ഇത് പ്രതിബോധവിദിതം ഓരോ ബോധത്തിലും ബോധമായിരിക്കുന്നതാണ് ഇത് എന്നുവെച്ചാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് സ്വയം പ്രകാശിക്കുന്നതാണ് അതിന് ഈ ബോധത്തിൽ തന്നെ അതിനെ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അസ്വയം സാക്ഷാത്കാര സ്വരൂപമാണ് അവിടെ കേവലമായൊരു മറ മാത്രമേ വിവേകം കൊണ്ട് ആ മറ മാറുന്നു അത് മറയില്ലാതെ പ്രകാശിക്കുന്നു രണ്ടും തമ്മിൽ വ്യത്യാസം ഇവിടെ നമ്മളെ ബോധിപ്പിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നത് മറയോടുകൂടി പ്രകാശം ഇതിന്റെ പരമമായ ബോധ്യപ്പെടലിൽ സംഭവിക്കുന്നത് ഈ മറ മാറിയൊരു പ്രകാശം അപ്പോൾ ഇവിടെ അജ്ഞേയമായ ഒന്നിനല്ല ഇവിടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിത്യജ്ഞാതമായിരിക്കുന്ന ഒന്നിനെയാണോ അതാണ് പറയുന്നതിൻ്റെ താൽപ്പര്യം അപ്പോൾ ഇത് തമ്മിലുള്ള ദൂരം വളരെ കുറവാണ് പറഞ്ഞല്ലോ ഈ കാണുന്നവനും അവന്റെ കാഴ്ചക്ക് തടസ്സമായിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതുമായിട്ടുള്ള ദൂരം വളരെ കുറവാണ് തൻ്റെ കാഴ്ചക്ക് തടസ്സമായി നിൽക്കുന്ന എന്തായിരിക്കും തൻ്റെ കണ്ണിൽ വന്ന് തിമരമായിരിക്കും അതും കണ്ണുമായിട്ട് എത്ര ദൂരമുണ്ട് അല്ല ഇനി തൻ്റെ കൺബോളകളാകാം സ്വന്തം അങ്കുലി തന്നെ ആകാം ഇനി മേഘങ്ങളാകാം ഇതെല്ലാം ആ പരമാത്മ സൂര്യനെ നോക്കുമ്പോൾ ജനം തന്നോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ് തന്നിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇനിയും താനുമായിട്ടുള്ള ദൂരം അഗണ്യമാണ് ഇതെല്ലാം തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും പരമാത്മ സൂര്യനെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് തന്നെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം തന്നെ നിന്ന് തന്നെ മാറണം തന്നിൽ നിന്ന് ഇതില്ലാതാകണം അത് ഈ തത്വത്തിന്റെ ശ്രവണം കൊണ്ട് ഈ തത്വത്തിൻ്റെ മനനം കൊണ്ട് ഈ തത്വത്തിന്റെ സാക്ഷാത്കാരത്തിൽ അത് തുമാണ് പ്രകാശം കൊണ്ട് നശിച്ചു പോകുന്ന ഇരുൾ എത്രമാത്രം തുച്ഛമാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നില്ല ഇരുളിനെ നിർവചിക്കുന്നതിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ ആചാര്യന്മാർ കഴിഞ്ഞിട്ടില്ല അതെന്താണോ അതൊരു പദാർത്ഥമാണോ അത് പ്രകാശത്തിൻ്റെ അഭാവമാണോ തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല എന്തുകൊണ്ടത് വസ്തുവാണ് എന്ന് വെച്ചാൽ അനുരോചനീയമാണ് അനുലോചനീയമായ ഒന്നിനെ അങ്ങനെ നിർവചിക്കാൻ പറ്റും അനുരോചനീയമായിരിക്കുന്നതിന്റെ അവിശേഷണതാണ് അത് വളരെ തുച്ഛമായിരിക്കും അതുപോലെയാണ് ഈ മറയുടെയും അവസ്ഥ മനസ്സിന്റെയും അവസ്ഥ അത് വളരെ പ്രകാശം കൊണ്ട് സ്വയം ഇല്ലാതായി പോകുന്ന അതുകൊണ്ടാണ് ഇതിൽ തുച്ഛമെന്ന് പറയുന്നത് ലോകത്ത് ഏതൊരു വസ്തുവിനേയും നശിപ്പിക്കുന്നതിന് പരിശ്രമം ആവശ്യമാണ് യത്നം പുരുഷയത്നം ആവശ്യമാണ് ഒന്നൊഴികെ ഇരളൊഴികെ ഇവിടെ പുരുഷയത്നം കൊണ്ടല്ല അത് നശിക്കുന്നത് തന്നെ തന്നെ നശിപ്പിക്കണമെങ്കിലും പുരുഷയത്നം ആവശ്യമാണ് പൗരുഷം ഇവിടെ ആവശ്യമാണ് ഇരൾ നശിക്കുന്നതിന് അതിനെ പൗരുഷമല്ല നശിപ്പിക്കുന്നു കേവലം പ്രകാശം മാത്രം സൂര്യന്റെ പ്രകാശത്തിൽ ഇരുൾ നശിക്കുന്നു അതുപോലെ ആത്മപ്രകാശത്തിൽ ഇത് നശിക്കുന്നു അതുകൊണ്ട് ഇത് തുച്ഛമാണ് പ്രയത്നം കൊണ്ട് നശിപ്പിക്കാൻ പറ്റിയ അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് സാധ്യമല്ല യത്നം കൊണ്ട് സാധ്യമല്ല യത്നം നിഷ്ഫലമാണ് എന്ന കർമ്മണ പ്രജയ ധനേന എന്നെല്ലാം പറയുന്നത് കൊണ്ടാണ് അത് സാധ്യമല്ല അങ്ങനെയുള്ള ഇതാണെങ്കിലും എന്ത് ചെയ്യുന്നു ഈരള് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി നിൽക്കുന്നു പ്രകാശം അവിടെ ഇല്ല പ്രകാശത്തിന്റെ ഇല്ലായ്മ നമ്മൾ അനുഭവപ്പെടുന്നു അത് അനുഭവമാണ് അത് ജാഗ്രത അനുഭവമാണ് സ്വപ്നത്തിന്റെ അനുഭവമാണ് സുഹൃത്തിയിലെ അനുഭവമാണ് പക്ഷെ അവിടെയും ഈ പ്രകാശത്തിന്റെ അനുഭവമുണ്ട് പ്രകാശമാണ് അനുഭവത്തെ കാട്ടിത്തരുന്നത് ഇരളിന്റെ അനുഭവത്തെ പ്രകാശത്തിന്റെ അനുഭവം മാറ്റി ഇരളിന്റെ അനുഭവം ഇല്ല അതുകൊണ്ട് പ്രകാശം പ്രതിബോധവിരുതമാണ് ഓരോ ബോധത്തിലും മനസ്സിൻ്റെ ഓരോ വൃത്തിയിലും അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഓരോ ചിന്തയിലും ഓരോ വികാരത്തിലും ഓരോ വിചാരത്തിലും സ്ഫുരിക്കുന്നത് ഈ ബോധമാണ് ബോധസ്ഫുരണത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ചിന്ത അറിവ് എന്നെ നമ്മൾ വിളിക്കുന്ന ബോധസ്ഫുരണത്തെയാണ് ചിത്സ്ഫുരണം ആ ചിത് സ്ഫുരണം അതാണ് അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ ആ ചിത് സ്ഫുരണങ്ങളിലൂടെ തന്നെ നമുക്കറിയാം അതാണ് പ്രത്യേകി ഇവിടെ പറയുന്നു പ്രത്യേക അവിശിഷ്ടതയാ വേർതിരിക്കാൻ വയ്യ വൃത്തികൾ മാറിക്കൊണ്ടിരിക്കുന്നു രൂപജ്ഞാനം രസജ്ഞാനം ഗന്ധജ്ഞാനം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതെല്ലാം ജ്ഞാനം ജ്ഞാനം അത് മാറാതിരിക്കുന്നു പ്രത്യേകം അവിശിഷ്ടമായിരിക്കുന്നു ഭേദരഹിതമായിരിക്കുന്നു എന്നർത്ഥം വിശിഷ്ടം ഭിന്നം അവിശിഷ്ടം അഭിന്നമായിരിക്കുന്നു ഏകരൂപത്തിലിരിക്കുന്നു അതിൻ്റെ ഏകത്വത്തെ അവിടെ സമർദ്ധിക്കുകയാണ് യാലക്ഷ്യതേ ഇത്രയും ഇതാണെങ്കിൽ പിന്നെ എന്താ ഇവിടെ സാക്ഷാത്കാരത്തിന് തടസ്സം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നത് സാക്ഷാത്കാരത്തിനുള്ള നമ്മുടെ പ്രതീക്ഷയാണ് സാക്ഷാത്കാരത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് മറ്റൊന്നു വന്നു ഞാനിപ്പോൾ സാക്ഷാത്കരിക്കും എന്നുള്ള നമ്മുടെ സങ്കല്പമാണ് അതിന് തടസ്സമായിരിക്കും അതുകൊണ്ടിവിടെ പറഞ്ഞെന്താണോ ലക്ഷ്യത അത് ലക്ഷ്യീകരിക്കപ്പെടുകയാണ് പ്രത്യേകങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ പ്രത്യക്ഷമാക്കുകയല്ല ചെയ്യുന്നത് ആ വിഷയമായ അതിനങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലെങ്ങനെ ആത്മാവിനെ കണ്ടെത്താൻ പറ്റും നമ്മൾ യത്നിക്കുന്നത് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കണ്ടെത്താൻ എങ്ങനെ നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇത് അങ്ങനെയുള്ള ഒന്നല്ല ലക്ഷ്യത ഇത് അതാണ് വേറെ പറയുന്നത് എന്താണോ ഈ പറയുന്നതിൻ്റെ എല്ലാം വാചത്തിലല്ലാന്ന് പറയുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും വാക്യത്തിലാണ് നമ്മൾ പറയുന്നു ഗ്രഹിക്കുന്നു ഇതാണ് വാക്യം ശബ്ദം അതിന്റെ അർത്ഥം ശബ്ദം വാചകം അക്ഷം വാച്ചും അപ്പോൾ ആ വാച്യവാചക സംബന്ധത്തിലാണ് സർവത്തെയും നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാച്യവാചക ബന്ധത്തിലൂടെ അതിനാണ് ശക്തി എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ ഇതിനെയും ഗ്രഹിക്കാമെന്ന് വരുന്നു അതിനുസംബിച്ച് നമ്മൾ സങ്കല്പങ്ങളുണ്ടാക്കും ഞാനിനെ സാക്ഷാത്കരിക്കും എനിക്കിതിൻ്റെ അനുഭൂതി ഉണ്ടാകും അനുഭൂതി ഇങ്ങനെയായിരിക്കും അത് വാച്യമൻ്റെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ മനസ്സുകൊണ്ടെത്തിച്ചേരാൻ പോയ വാക്കുകൊണ്ടെത്തിച്ചേരാൻ പോയ അതിന് ശ്രുതി എന്ന പറയും എന്നാലും നമ്മൾ യത്നിക്കുന്നു വാക്കുകളിലൂടെ അതിനെ ഗ്രഹിക്കാനും മനസ്സുകൊണ്ട് അതിനെത്തിച്ചേരാനും അത് സാധ്യമല്ലെന്നവിടെ പറയും അപ്പോൾ ഇത് സർവപ്രത്യദർശിയായി പ്രകാശിക്കുന്നു സർവപ്രത്യങ്ങളും അനുസൃതമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ അങ്ഗ്രഹിച്ചു കളയാമെന്ന് കരുതണ്ട സർവത്തിനും ഇത് ലക്ഷ്യമായിരിക്കുന്നു ലക്ഷ്യമായിരിക്കുന്നെന്ന് പറയുമ്പോൾ സർവാധാരമായിരിക്കുന്നു പ്രതിബിംബ ദൃഷ്ടാന്തത്തിൽ വരുന്ന ഒരു ദോഷം അതാണ് നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണ് ഒരു കണ്ണാടി അതുപോലെയാണ് മനസ്സ് അതിൽ ആത്മാവിൻ്റെ പ്രതിബിംബം പതിയുന്നു അതാണ് അറിവ് എന്നൊക്കെ പഠിക്കും ഇതൊക്കെ ഒരു ഒരു പ്രക്രിയ അതിൻ്റെ ചില അംശങ്ങളെ ധരിക്കാവൂ മറിച്ച് ധരിച്ചാൽ ദോഷം വരും ഇതിൽ വരുന്ന ദോഷം എന്താണോ നമ്മൾ കരുതുന്നു ഈ പ്രതിബിംബത്തിന് ആധാരമായിരിക്കുന്നതാണ് മനസ്സ് മനസ്സിലല്ലേ പ്രതിബിംബിക്കുന്നത് കണ്ണാടിയിൽ പ്രകാശം പതിഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിന് ആധാരമാവും ഇവിടെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് ഇവിടെ സർവപ്രത്യങ്ങളിലും അനുസ്യതമായിരിക്കുന്ന ഈ ചൈതന്യം ആ പ്രത്യയത്തിന് ആധാരമാണ് പ്രകാശത്തിനാണ് കണ്ണാടി ആധാരം എന്ന് പറയുന്നതിന് പകരം കണ്ണാടിക്ക് ആധാരം പ്രകാശം എന്ന് പറയുന്നത് തിരിഞ്ഞാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ലക്ഷ്യമാകുന്നു എന്ന് പറയുന്നത് ഈ മനസ്സാകുന്ന പ്രത്യയം അതിൽ പ്രതിബിംബിക്കുന്നതല്ല ഈ പ്രകാശം അത് മനസ്സാകുന്ന ഈ പ്രത്യയത്തെ നിലനിർത്തുന്നതാണ് അതിനാധാരമായിരിക്കണം ഇവിടെ അടുത്ത് പറയുന്നതാണ് അതിന്റെ പ്രത്യക് സ്വരൂപമായിരിക്കുന്നു തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും സങ്കല്പങ്ങൾക്കും പ്രതീക്ഷകൾക്കൊന്നും അതിനെ കണ്ടെത്താൻ പറ്റത്തില്ല സ്വസ്വരൂപത്തെ എതിരിട്ടു നോക്കുന്നതിന് മനസ്സിന് ശക്തിയില്ല അതിന്റെ വെളിച്ചത്തിൽ മനസ്സ് പ്രകാശിക്കുകയാണ് ആ വെളിച്ചമാണ് ആ മനസ്സിന് ആധാരമായിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യത്തെ മനസ്സിനത് നിലനിർത്തുകയാണ് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് മനസ്സ് നിൽക്കുകയാണ് അല്ലാതെ അത് വെറും ഒരു പ്രതിയും പോലെ നമ്മൾ ധരിച്ചതുപോലെ മറിച്ച് അതെന്താണ് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതും മനസ്സിന്റെ പ്രതിബിംബമല്ല മനസ്സിൻ്റെ പ്രതിബിംബമല്ല കണ്ണാടിയുടെ പ്രതിബിംബമല്ല കണ്ണാടിയെ പ്രകാശിപ്പിക്കുന്നു കണ്ണാടി സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ പ്രതിബിംബങ്ങൾ കടന്നു വരുന്നു പോകുന്നു അതുപോലെ ഈ ആത്മപ്രകാശം കണ്ണാടി പോലെയാണ് അതിൽ വരുന്ന നീണ്ടാണ് ഈ മനസ്സെന്ന് പറയുന്നത് തിരിച്ചല്ല മനസ്സിൽ വരുന്ന ഒരു പ്രതിബിംബം അല്ല അവിടെ അതാണ് അതിനു അധ്യാസം സാധാരണ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഈ പ്രതിബിംബവാദം അച്ഛേദവാദം ആഭാസവാദം ഇങ്ങനെ പലതരത്തിലുള്ള കോലാഹനങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ നിഷേധിക്കുന്നുണ്ട് അതൊന്നും പൂർണ്ണമല്ല എല്ലാം പരീക്ഷിച്ചിട്ട് അവർ തള്ളിക്കളയുന്നു ഈ പ്രതിബിംബം എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ കൊള്ളാം ഒടുക്കത്തിൽ അത് ശരിയാവില്ല ചിന്തിച്ച് തരുമ്പോൾ തള്ളിക്കളയേണ്ടി വരും അത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ സാധാരണ കേട്ടു പറഞ്ഞു വരുന്നു ചിന്തിച്ചാൽ തെറ്റിദ്ധാരണകളുണ്ടാക്കുന്നതാണ് ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നു മനസ്സിന് പ്രകാശം പകരുന്നോ അത് മനസ്സിന്റെ പ്രത്യേക സ്വരൂപമായിരിക്കണം മനസ്സിന്റെ പ്രത്യേകാത്മാവുമായിരിക്കണം പ്രത്യേകം കൊണ്ട് പ്രത്യേകാത്മാവ് ഭാഷകാലം പറയും തസ്യഭാഷ സർവവിധം വിഭാദി ശ്രുതിയും പറയുന്നു ആ പ്രകാശം കൊണ്ട് മനസ്സ് പ്രകാശിപ്പിക്കുന്നു മായാ സിഷ്ടമായിരിക്കുന്ന ജഡമായിരിക്കുന്ന മനസ്സ് സദാ ചൈതന്യവത്തായിരിക്കുന്നു എന്തുകൊണ്ട് ഈ പ്രകാശമുണ്ട് മനസ്സ് ജഡമെന്ന് പറയുന്നത് കേവലം ഒരു സങ്കല്പം മാത്രമാണ് ആത്മാഅനാത്മവിവേകത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സങ്കല്പമാണ് മനസ്സൊരിക്കലും ജഡമാകത്തില്ല എന്തുകൊണ്ട് മനസ്സ് ജഡമാകണമെങ്കിൽ ആത്മാവിന്റെ പ്രകാശത്തിലല്ലാതെ അത് എവിടെയെങ്കിലും നിൽക്കണം ആത്മപ്രകാശത്തിലല്ലാതെ മനസ്സിന് നിൽക്കാൻ വേറെ ഇടമില്ല എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ആത്മാവ് സർവ പ്രത്യേക പ്രത്യേക ആത്മാവാണ് മനസ്സിന്റെ നില എന്ന് പറയുന്നത് ആത്മാവിന്റെ അസ്തിത്വത്തിലാണ് ആത്മാവ് എന്താണ് ചൈതന്യസ്വരൂപമാണ് തിനെ ആശ്രയിച്ചു നിൽക്കുന്ന മനസ്സ് ചിന്മയമാണ് അതിന് ജഡമാകാൻ പറ്റത്തില്ല എന്നാലും തത്വവിചാരത്തിന് വേണ്ടി പറയുകയാണെന്താണോ അത് ജഡാംശം ചൈതന്യാംശം അതിൽ അധ്യാസം കൂടിക്കലരുന്നു എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ആത്മസാന്നിധ്യത്തിൽ നിന്ന് ഒന്നിനും ജഡമായിരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് സർവവും ആത്മാവിന്റെ സത്സുരണത്തെ ചിത് സ്ഫുരണത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പോ ആത്മാവിന്റെ സന്നിധിയിൽ നിന്നതിനെ മാറ്റി ദൂരെ കൊണ്ടുപോയതിനെ കിടമാക്കാൻ പറ്റുമോ ആത്മാവ് എപ്പോഴെങ്കിലും ചിത്തായി പ്രകാശിക്കാതിരിക്കുന്നുണ്ടോ ഇല്ല അത് ചിത്തായി പ്രകാശിക്കുകയാണെങ്കിൽ അതിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അത് ചിത്ത് തന്നെ ആയിരിക്കും ചിന്മയമായി തന്നെയിരിക്കും പിന്നെ അതിനെ നമ്മൾ ജഡമായി കണ്ടാലും ശരി അത് ചിന്മയമായി തന്നെയിരിക്കും ഏതുപോലെ കാന്തത്തിൻ്റെ സമീപത്തിലിരിക്കുന്ന ഇരുമ്പിന് കാന്തം അല്ലാതാകാൻ പറ്റത്തില്ല അത് കാന്തമായി ഇരിക്കും ഏത് സമീപത്തിലേക്ക് വരുന്നോ ആ നിമിഷം മുതലത് കാന്തമയമാണ് അതങ്ങനെ ആകാതിരിക്കാൻ പറ്റത്തില്ല ആ സാന്നിധ്യത്തിൽ അതങ്ങനെ ആയിപ്പോകും അതിന് അതല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ ഈ ചിത് സാന്നിധ്യത്തിൽ മനസ്സ് നിൽക്കുമ്പോൾ അത് സദാ ചിന്മയവുമായി തന്നെ ഇരിക്കും അതുകൊണ്ട് എന്താണ് അതും അതിൻ്റെ പ്രത്യേകാത്മാവ് അതിൻ്റെ പ്രത്യേക സ്വരൂപമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് മനസ്സിന്റെ സ്വരൂപം ചൈതന്യമാണെങ്കിൽ അഗ്നിയുടെ സ്വരൂപം പ്രകാശമാണെങ്കിൽ അഗ്നി എന്താ അഗ്നിയുടെ സ്വരൂപം അതിന്റെ പ്രത്യേക രൂപം പ്രകാശമാണെങ്കിൽ അഗ്നി പ്രകാശം തന്നെ അഗ്നി വേറെ പ്രകാശം വരെ നോക്ക് അതുപോലെ ഈ മനസ്സിന്റെ പ്രത്യേക രൂപം ചൈതന്യമാണെങ്കിൽ ജ്ഞാനമാണെങ്കിൽ മനസ്സെന്താണ് അത് ചൈതന്യം തന്നെ അത് പിന്നെ ഇവിടെ ജഡം ഇല്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സർവപ്രത്യേഷും സർവപ്രത്യങ്ങളിലും ഏകരൂപത്തിലിരിക്കുന്നു അത് ചിത്തായി തന്നെ ഇരിക്കുന്നു ബോധമായി തന്നെ ഇരിക്കുന്നു അതിനെ വിവേചനം ചെയ്യുമ്പോൾ ആത്മാഅ വിവേചനം ചെയ്തു ചിത്ത് ജഡം എന്ന് വിവേചനം ചെയ്ത് തുടങ്ങിയാൽ ചിന് മാത്രമായി ശേഷിക്കുന്നു ജഡം ഇല്ല അവിടെ വെളിച്ചത്തിൽ ഇരുൾ ഇല്ലാതാകുന്ന പോലെ ഇരുട്ടിനെ കുറിച്ചുള്ള വർണ്ണനകളെല്ലാം വെളിച്ചം വെളിച്ചത്തിൽ പിന്നെ ഇരുട്ടിനെന്ത് വർണ്ണിക്കാനാണ് അതുപോലെ പ്രകാശത്തിൽ പിന്നെ ജഡമായ മനസ്സ് അങ്ങനെയൊന്നുമില്ല ഇവിടെ ഏകരൂപത്തിൽ ചിത്ത് മാത്രം സർവം ചിന്മയമേവച്ച സർവവും ചിത്ത് തന്നെയാണ് അതാണ് ഇവിടെ പറയുന്നത് എന്താണ് പ്രത്യേകി പ്രത്യേക അവിശിഷ്ടതയ ലക്ഷ്യത്തെ നിങ്ങൾ ബുദ്ധി കൊണ്ടതിനെ പിടിക്കാൻ ശ്രമിക്കരുത് ഭാവനയിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കരുത് അതൊരാഗ്രഹത്തിന്റെ പൂർത്തീകരണമല്ല മനുഷ്യതെല്ലാം അവസാനിക്കുമ്പോൾ സർവയത്നങ്ങളും അവസാനിക്കുമ്പോൾ നിശ്ചിന്തതയിൽ എന്ന് വേണമെങ്കിൽ പറയാം വിവേകം കൊണ്ട് സംഭവിക്കുന്ന നിശ്ചിന്തതയിൽ കേവലം നിശ്ചിന്തത എന്ന് പറഞ്ഞാൽ പോലെ കാരണം അത് സുശക്തിയിലുമുണ്ട് വേണ്ടിവന്ന സമാധിയിലും കൊണ്ടുവരാം ഒരു പരിധിവരെ പക്ഷെ മറ അവിടെ മാറത്തില്ല വിവേകം കൊണ്ടുവരുന്ന നിശ്ചിതയിൽ അത് ലക്ഷ്യത അത് വിഷയമായി പ്രകാശിക്കുന്നില്ല സ്വയം നിലനിൽക്കുന്നു സ്വയം പ്രകാശിക്കുന്നു അതിനെ ശാസ്ത്രം രക്ഷീകരിക്കുന്നു അതാ അങ്ങോട്ടാണ് വഴി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇതന്ത അന നിർദ്ദേശ്യതയെ വിഭക്ഷിക്കാരൻ പറയും അതാ ഇത് എന്നെന്താ നിർദ്ദേശിക്കുന്നത് അങ്ങനെ നിർദ്ദേശിക്കാൻ പിന്നെന്താണ് ഇതിനൊക്കെ അപ്പുറമുള്ളത് എന്നാൽ ഇതിനെല്ലാം പ്രത്യേക സ്വരൂപമായിരിക്കുന്നത് മനസ്സിനും ചിന്തകൾക്കും എല്ലാം തങ്ങായിരിക്കുന്നത് ഏതൊന്നിലാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ചൈതന്യം ചൈതന്യത്തിന്റെ പ്രതിഫലനമാണ് മനസ്സ് മനസ്സിലെ പ്രതിഫലനമല്ല ചൈതന്യം അതാണ് അത് ലക്ഷ്യതെ എന്ന് ബോധിപ്പിക്കുന്നു ന ം ആത്മനോ വിജ്ഞാനായ വ്യക്തമായി പറയും ആത്മാവിന്റെ വിജ്ഞാനത്തിന് വേണ്ടി ഒരു വഴിയുമില്ല നാന്യദ്വാരം അത് സർവാധാരമായി നിൽക്കുന്നതുകൊണ്ട് സർവത്തിൻ്റെയും പ്രത്യേക സ്വരൂപമായ ആന്തരികമായ വാസ്തവമായ സ്വരൂപമായിരിക്കുന്നുണ്ട് അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശമെന്ന് പറയുന്നത് പോലെ മനസ്സിന്റെ സ്വരൂപമായി അറിവ് ഇരിക്കുന്നത് കൊണ്ട് അതിനെ മനസ്സുകൊണ്ട് അങ്ങനെ കണ്ടെത്താൻ പറ്റും മറ്റൊരു ഉപായമില്ല അതിനെ കണ്ടെത്തുന്നത് ആണെന്ന് പറഞ്ഞെന്താണ് മനസ്സിന്റെ നിശ്ചലതയിൽ സുഹൃത്തേനും സംഭവിക്കുന്നുണ്ട് പക്ഷെ വിവേകം കൊണ്ടല്ല വിവേകം കൊണ്ടുവരുന്ന നിശ്ചലതയിൽ അതല്ലാതെ എന്താണോ ഇതിനറിയുന്നതിനുള്ളൊരു ഉപായമില്ല ഉപായത്തെ നമ്മൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഇതറിയാതിരിക്കുന്നത് ഇത് പ്രകാശിക്കാതിരിക്കുന്നത് അറിയുക പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ സ്വയം പ്രകാശം കേവലമായ ചിത്സ്ഫുരണം അത് അതിന് സ്വയം തടസ്സം സൃഷ്ടിക്കുന്നത് അങ്ങനെ സൃഷ്ടിക്കുന്നു മേഘം കൊണ്ട് സൂര്യന്റെ പ്രകാശത്തിന് തടസ്സം സൃഷ്ടിക്കും അല്ലെങ്കിൽ സ്വന്തം വിരൽത്തിമ്പൊണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കും അല്ലെങ്കിൽ തൻ്റെ കൺബോളകളെ കൊണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കും അതുപോലെയാണ് അല്ലെങ്കിൽ അതിന്റെ പ്രകാശം അന്യൂനമാണ് ആത്മസ്ഫുരണം അത് അന്യൂനമാണ് അല്ല ഏറ്റക്കുറച്ചിട്ടൊന്നുമില്ല അതിനെക്കുറിച്ച് പറയുന്നതാണ് അത് നിരതിശയം എന്നു വെച്ചാൽ ഏറ്റക്കുറച്ചിട്ടില്ലാത്തത് അതാണ് അതിശയങ്ങളില്ലാത്തത് വലുപ്പച്ചെറുപ്പം ഇല്ലാത്തതാണ് അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അന്യദ്വാരം മറ്റൊരു ദ്വാരവും ഇല്ല സ്വയം പ്രകാശിക്കുക എന്നുള്ളതല്ലാതെ ആ സ്വയം പ്രകാശത്തിൽ ഈ അന്ധകാരം ഇല്ലാതാകുക എന്നുള്ളതല്ലാതെ അതിന് മറ്റൊരു ഉപായവും ഇല്ല പ്രത്യ പ്രത്യേകാത്മതയാവിജിതം ഇവർ വിശദീകരിച്ചാൽ പറയുകയാണ് പ്രത്യേക പ്രത്യേകാത്മാവായി മനസ്സിന്റെ ആത്മാവാണ് എന്ന് ചുരുക്കം മനസ്സിന്റെ ആധാരമാണോ അല്ല മനസ്സിന്റെ സാക്ഷി സാധനം പറയുന്ന വാക്ക അത് ഉപയോഗിക്കാം മനസ്സിന്റെ സാക്ഷി എന്ന് പറയുമ്പോൾ അവർ മറ്റാരോ ആണെന്ന് ധരിക്കാൻ പാടില്ല താൻ തന്നെയാണ് മനസ്സിന് സാക്ഷിയായിരുന്നത് തന്റെ മുമ്പിലാണ് മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രത സ്വപ്നത്തിനെയും മനസ്സ് ചലിക്കുന്നത് ആരാണ് തന്റെ മുമ്പിൽ എന്തുകൊണ്ട് താനാണ് സർവ്വപ്രത്യദർശി സർവപ്രത്യങ്ങളെയും കാണുന്നവൻ ജാഗ്രത സ്വപ്നം ആർക്കാണ് അനുഭവവേദ്യമായത് തനിക്കാണ് താൻ തന്നെയാണ് അവിടെ സാക്ഷി എന്ന് പറയുന്നത് തന്നിൽ നിന്ന് വേറിട്ട ഇനിയൊരു സാക്ഷി ഇല്ല മൂന്നാമതൊരുവനില്ല ബാഹ്യമായി സംഭവിക്കുന്നതു വാദി ഒരു പ്രതി മൂന്നാമതൊരു സാക്ഷി അങ്ങനെയല്ല താൻ തന്നെയാണ് സാക്ഷിയായിരിക്കുന്നത് തന്റെ മുമ്പിലാണ് മനസ്സിന്റെ ഈ ചലനങ്ങളെല്ലാം സംഭവിക്കുന്നത് അത് തന്നെ ആശ്രയിച്ചിട്ടാണ് താൻ സ്വയം സ്വരൂപനായിരിക്കുന്നു തന്റെ സ്ഫുരണത്തിലാണ് മനസ്സിന്റെ അസ്തിത്വം അതിൽ കവിഞ്ഞ മനസ്സിനൊരു നിലനിൽപ്പില്ല അത് പറയുന്നത് കൊണ്ടാണ് സർവ്വപ്രത്യ ആത്മതയാ വിജിതം ബ്രഹ്മ അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കണം അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ശ്രുതി ഗുരുവിന്റെ ഉപദേശം ലക്ഷ്യീകരിക്കുന്നു എന്നാ വിദക്ഷമാക്കുന്നു അങ്ങനെ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ അതിൻ്റെ അപരോക്ഷതയ്ക്ക് തടസ്സമായിരിക്കുന്നത് എന്തൊക്കെയാണോ അത് മാറിക്കഴിഞ്ഞാൽ ഉപാധി മാറിയാൽ മനസ്സാകുന്ന ഉപാധി ആശ്രയിക്കാതിരുന്നാൽ അത് സ്വയം പ്രകാശിക്കുന്നു അത് സാക്ഷാത് അപരോക്ഷം യഥാ തഥാ തന്മതം തഥാ തത് സംയുക്ത ദർശനം അതാണ് സംയുക്ത ദർശനം അതെപ്പോഴാണോ ഒരുവിന് സംഭവിക്കുന്നത് അവിടെ പറയാം എന്താണ് പ്രതിബോധവിദിതം അവിടെ പറയാം സുവേദാഹം അതാണ് സംയുക്ത ദർശനം അല്ലാതെ തന്റെ ബുദ്ധിവ കൊണ്ടുള്ള പരിശ്രമങ്ങളിലൂടെ ഒന്നും അത് സാധ്യമാകുന്നതല്ല അല്ലെങ്കിൽ തന്റെ മനസ്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും അനുഭൂതികളിലൂടെ അനുഭൂതികളൊക്കെ നല്ലതാണ് വേണ്ടെന്നല്ല അഭ്യാസങ്ങൾ വേണ്ടെന്നല്ല ഒന്നും വേണ്ടല്ല മനനമോ ധ്യാനമോ ഒന്നും വേണ്ടെന്നല്ല പറയുന്നു ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഉള്ളത് പറയുന്നത് രണ്ടും കൂടി സ്കൂട്ടിക്കുഴയ്ക്കത് ഇനി ഒന്നും ചെയ്യാനുണ്ടെന്നല്ല പറയുന്നത് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഇത് അവസാനിക്കുന്ന എവിടെയായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നെ തീരും എന്തായാലും പക്ഷെ ഇവിടെ പറയുന്നതെങ്ങനെ ചെയ്യണം എന്ത് സങ്കല്പത്തോടുകൂടി അത് ചെയ്യണം അതിന്റെ അവസാനം എന്തായിരിക്കും എന്നാ അപ്പോൾ ഇത് മനസ്സിലായി ഒരാൾ പറയുന്ന എനിക്ക് ബോധിച്ചു എന്താണ് ഈ പറയുന്ന തരത്തിൽ മറം മാറിയത് ബോധിക്കുന്നില്ലല്ലോ അതിന് ഭാഷകാരൻ മുമ്പ് പറഞ്ഞു അതുകൂടെ ഓർക്കണപ്പോൾ സ്വഭാവ ദോഷ ക്ഷയം അപേക്ഷ ഇന്റർനെ അതെങ്ങനെ പ്രകാശിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് തടസ്സമായിരിക്കുന്ന എന്താണ് ഈ സ്വഭാവ ദോഷം സെർവറിലേ ഇരിക്കുന്നു പണ്ഡിതനിലും പാമരനിലും ജ്ഞാനിയിലും യോഗിയിലും ഭക്തനിലും സർവെല്ലാം ഇരിക്കുന്നു ഈ സ്വഭാവദോഷം ഈ സ്വഭാവദോഷക്ഷയം അതിനെ അപേക്ഷിക്കുന്നു ആ ക്ഷയത്തെ അപേക്ഷിച്ച് ഇത് പ്രകാശിക്കുന്നു അത് മാത്രമാണ് ഇപ്പം ഇതിന് തടസ്സമായിരിക്കുന്നു ഇതിനെ സംബന്ധിച്ചുള്ള വാച്യമായി പറയാവെന്നുള്ളതിന്റെ പരമാവധി ഇതാണ് അതുകൊണ്ട് പറഞ്ഞ സമയ ദർശനം ഇതാണല്ലോ ആചാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതാണ് സംയുക്ത ദർശനം യഥാ തഥാത്തന്മതം അപ്പൊ പറയാ എന്താണോ ഞാൻ ഇതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇത് നേരത്തെ പറഞ്ഞല്ലോ ന്യൂന വേദേതി വേദച്ച എങ്ങനെയും പറയാം അവനറിയുന്നു പറയാം അറിയുന്നില്ല എന്ന് പറയാം പറയുന്നതിനനുസരിച്ച അതിന്റെ നിലനിൽപ്പ് സർവ പറച്ചിനും അത് ആധാരമായിരിക്കുന്നുണ്ട് ശബ്ദപ്രയോഗത്തിൽ എല്ലാം ശബ്ദമെല്ലാം അതിനെ ലക്ഷ്യീകരിക്കുന്നു ലക്ഷ്യത്തിൽ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് സമ്യക് ദർശനം അമൃതത്വം ഹി വിന്ദ്ര ആത്മന വിര്യം വിദ്യയാ വിതം